പറയുക അള്ളാഹു സുബാനഹുദ്ധ ആല ഇത് നിഷിദ്ധമാക്കിയെന്ന് സാക്ഷ്യം പറയുന്ന നിങ്ങളുടെ സാക്ഷികളെ കൊണ്ടുവരിക അവർ സാക്ഷ്യം പറയുകയാണെങ്കിൽ നിങ്ങൾ അവർക്കൊപ്പം സാക്ഷ്യം പറയരുത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരുടെയും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെയും തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിന്തുടരരുത് അവർ അവരുടെ രക്ഷിതാവിനോട് സമമായി കാണുന്നവരാണ്